ം പന്ത്രണ്ട് യഹോവേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി ദോഷം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നത് എന്ത് നീ അവരെ നട്ടു അവർ വേരൂ നീ ഫലം കായ്ക്കുന്നു അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു എന്നാൽ യഹോവി എന്നെ നീ അറിയുന്നു നീ എന്നെ കണ്ട് നിന്റെ സന്നദ്ധിയിൽ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു അറുപ്പാനുള്ള ആടുകളെപ്പോലെ അവരെ വലിച്ചിഴക്കണമേ കുലദിവസത്തിനായി അവരെ വേർതിരിക്കണമേ ദേശം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം നിവാസികളുടെ ദുഷ്ടത നിമിത്തം ൃഗങ്ങളും പക്ഷികളും നശിച്ചുപോകുന്നു ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു കാലാളുകളോടു കൂടെ ഓടിയിട്ട് നീ പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും നിന്റെ സഹോദരന്മാരും പൃദൃർഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പുവിളിക്കുന്നു അവർ നിന്നോട് ചക്രവാക്കു പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത് ഞാൻ എന്റെ ആലയത്തെ ഉപേക്ഷിച്ച് എന്റെ അവകാശത്തെ ത്യജിച്ച് എന്റെ പ്രാണപ്രിയയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്റെ അവകാശം എനിക്ക് കാട്ടിലെ സിംഹം പോലെ ആയിരിക്കുന്നു അതെന്റെ നേരെ നാദം കേൾപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിനെ വെറുക്കുന്നു എന്റെ അവകാശം എനിക്ക് പുള്ളിക്കഴുകനെപ്പോലെയോ കഴുകന്മാർ അതിനെ ചുറ്റിയിരിക്കുന്നുവോ ചെന്ന് എല്ലാ കാട്ടുമൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് പിൻമാൻ വരുവീൻ അനേകം ഇടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എന്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എന്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ ചെയ്തിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു ശൂന്യമായി തുറന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു ആരും ശ്രദ്ധ വെക്കായികയാൽ ദേശമൊക്കെയും ശൂന്യമായി പോയിരിക്കുന്നു വിനാശകന്മാർ മരുഭൂമിയിലെ മൊട്ടക്കുന്നിന്മേലൊക്കെയും വന്നിരിക്കുന്നു യഹോവിയുടെ വാൾ ദേശത്തെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ തിന്നുകളയുന്നു ഒരു ജട്ടത്തിനും സമാധാനമില്ല അവർ ഗോതമ്പു വിതച്ച് മുള്ളു കൊയ്തു അവർ പ്രയാസപ്പെട്ട് ഒരു ഫലവും ഉണ്ടായില്ല യഹോവിയുടെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലക്ഷിക്കും ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരായ എന്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ അവരെ അവരുടെ ദേശത്തുനിന്ന് പറിച്ചുകളയും യഹൂദാഗ്രഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചുകളും അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തനെ അവനവന്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചുവരുത്തും അവർ എന്റെ ജനത്തെ ബാലിന്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ പഠിപ്പിച്ചതുപോലെ യഹോവയാണേ എന്ന് എന്റെ നാമത്തിൽ സത്യം ചെയ്യുവാൻ തക്കവണ്ണം എന്റെ ജനത്തിന്റെ നടപടികളെ താൽപ്പര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എന്റെ ജനത്തിന്റെ മധ്യെ അഭിവൃദ്ധി പ്രാപിക്കും അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഞാൻ ആ ജാതിയെ പറിച്ച് നശിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്